ഫിർആന്റെയും അവന്റെ സദസ്സുകാരുടെയും പീഡനത്തെ ഭയന്ന് മൂസ അലിഹിസ്സലാമിന്റെ ജനതയിൽ നിന്ന് ഒരു ചെറിയ വിഭാഗം മാത്രമേ വിശ്വസിച്ചുള്ളൂ തീർച്ചയായും ഫിർആൌൻ ഭൂമിയിൽ അഹങ്കാരിയായിരുന്നു അവൻ അതിരുകടന്നവരിൽ ഒരാളുമായിരുന്നു